കേരളത്തിലെതായും ബാധിക്കുന്ന കാര്യ നിനക്കും എനിക്കൊന്നും അങ്ങനെയല്ലല്ലോ നേർ വഴിയിലൂടെ നടക്കാനാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അവനവന്റെ കാര്യം പറഞ്ഞ പോലെ എന്നിട്ട് എന്നോരായാലും പറഞ്ഞില്ലല്ലോ അജു ഇത് വലിയ ചതിയായി പോയിട്ടോ എന്ത് ചതി ശരിക്കാ നോക്കിക്കോ ഇനി ഞാനൊന്നും പറഞ്ഞോ അയ്യടാ അതിനൊക്കെ അവരെ ആളക്കണം ഈ കുട്ടനായ്മൊന്നും കിട്ടൂല അതൊക്കെ എന്റെ സംസ്കാരത്തിന് നീക്കാത്ത കാര്യങ്ങളാണ് നമ്മള് എന്താ പറഞ്ഞു സംസ്കാരം ആ സംസ്കാരം അല്ലാതെ ഗേൾസിനടുത്തെത്തിയാ പേടിയൊന്നും അല്ലേണോ ഞാൻ ഒന്നിനു പേടിക്കണം ഇല വന്ന് മുള്ളിൽ വീണാലും മന്ന് ഇല വീണാലും കേട് ഇലക്ക